അനാഥകളെ പരീക്ഷിക്കുക അവർ വിവാഹപ്രായമായപ്പോൾ അവരിൽ വിവേകം നിങ്ങൾ കണ്ടാൽ അവരുടെ സ്വത്തുക്കൾ അവർക്ക് നൽകുക അവർ വളരുന്നതുവരെ അത് ധൃതിയിലും ധൂർത്തിലും ഭക്ഷിക്കരുത് സമ്പന്നനായവൻ അത് സ്വീകരിക്കാതെ വിട്ടു ദരിദ്രനായവൻ മാന്യമായ രീതിയിൽ അതിൽ നിന്ന് ഭക്ഷിക്കട്ടെ നിങ്ങൾ അവരുടെ സ്വത്തുക്കൾ അവർക്ക് തിരികെ നൽകുന്ന സമയത്ത് സാക്ഷികളെ നിർത്തുക കണക്കെടുത്തു നൽകുന്നവനായി അള്ളാഹുസുബഹാനഹൂവത്തായാല മതിയായവനാകുന്നു